തീർച്ചയായും വിശ്വസിച്ചവരും യഹൂദരും ക്രൈസ്തവരും സബീയങ്ങളും അവരിലാരെ അള്ളാഹു സുഹാനഹു വറ്റാലായിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തോ അവർക്കവരുടെ രക്ഷിതാവിങ്കിൽ പ്രതിഫലമുണ്ട് അവർക്ക് ഭയമില്ല അവർ ദുഃഖിക്കുകയുമില്ല